ിപ്രസാധ്യം എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യങ്ങൾ നമ്മളധികം ചെയ്യാറില്ല അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്തായാലും ചെയ്യാൻ വളരെ എളുപ്പമുള്ള കാര്യം ഭഗവത് കഥപാടാണ് സംസാര സിന്ധും അതിദുസ്ഥരം ഉത്തിതീർഷോർണപ്ലവോ ഭഗവത പുരുഷോത്തമസ്യ ലീലാ കഥാരസനിഷേ വണമന്തരേണ പുംസോ ഭവേൽ വിവിധ ദുഃഖവാർത്തി നിർഗുണബ്രഹ്മോപാസകന്മാരായിരുന്ന പരമ വേദാന്തികൾ എന്ന് ആളുകൾ ധരിച്ചു വച്ചിരുന്ന സനകാതി യോഗീശ്വരന്മാരുടെ പോലും അഭിപ്രായം എന്ന് മനസ്സിലായപ്പോൾ പറയൂ എന്താ അതോ കലികാലത്ത് സപ്താഹ ഭാഗവത സപ്താഹം ഭഗവത്കഥ പാടുക അത് പ്രത്യേകിച്ച് ഏഴ് ദിവസം കൊണ്ട് ഭഗവത്കഥ വേദവ്യാസ മഹർഷീശ്വരൻ രചിച്ച ശ്രീമത് ഭാഗവതം ഏഴ് ദിവസം കൊണ്ട് പാടാൻ സാധിച്ചാൽ ഇതിനേക്കാൾ വലിയ ഒരു യജ്ഞം വേറെ ഇല്ല എന്നാണ് അവരുടെ അഭിപ്രായം ദുഃഖ ദാരിദ്ര്യ ദൗർഭാഗ്യ പാപ പ്രക്ഷാളനായ സദാസേവ്യ സദാസേവ്യ ശ്രീമത്ഭാഗവതീ കഥ എപ്പോഴും സേവിക്കേണ്ടതാണ് ഭഗവത് കഥാരസം മുഹു പിബത എപ്പോഴും എപ്പോഴും ആസ്വദിക്കാവുന്നതാണ് അതിനങ്ങനെ ഒരു ഡോസേജൊന്നുമില്ല രണ്ട് തുള്ളി മാത്രമേ കേൾക്കാവൂ അങ്ങനെ കഴിക്കാവൂ അങ്ങനെയൊന്നുമില്ല എത്ര വേണമെങ്കിൽ കഴിക്കാം പക്ഷേ ഇപ്പോൾ ഭാഗവത സപ്താഹത്തിന് കൂടുതൽ ഒരു പ്രാമുഖ്യം വന്നിട്ടുണ്ട് അതിന് കാരണം ശ്രീശുഖ ബ്രഹ്മഷി തൻ്റെ പിതാവ് വേദവ്യാസം രചിച്ച ആ ശ്രീമത് ഭാഗവതം പരീക്ഷിത് എന്നൊരു പുണ്യാത്മാവിനെ ഏഴ് ദിവസം കൊണ്ട് പാടി കേൾപ്പിച്ചു ഏഴാമത്തെ ദിവസം പരീക്ഷിത് ഭഗവാന്റെ ശ്രീവാദത്തിൽ ചെന്ന് എത്തി എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു ഇങ്ങനെ യദ്യത് ആചരതി ശ്രേഷ്ഠ ലോക സയൽ പ്രമാണം ഗുരുതേ ഇങ്ങനെ സജ്ജനങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് പിന്നീട് സദാചാരങ്ങളായിട്ട് വരണത് അതാണ് പിന്നീട് ലോകത്തിൽ പ്രമാണമായിട്ട് തീരണത് അപ്പം അതുകൊണ്ട് ശ്രീശുഖബ്രഹ്മർഷിയെ പോലെ ഒരു പുണ്യാത്മാവ് പരീക്ഷിത്തിനെ പോലെ ഒരു പുണ്യാത്മാവിനെ ഏഴ് ദിവസം കൊണ്ട് ഭാഗവതം പാടിക്കേൾപ്പിച്ച് അദ്ദേഹത്തിന് മുക്തി ഭക്തി ജ്ഞാനം വൈരാഗ്യം ഇതെല്ലാം ക്ഷിപ്രസാധ്യമാക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ ആ ഭാഗവത സപ്താഹത്തിൻ്റെ മേന്മ എത്രയുണ്ടെന്ന് ഭ്രൂമോദ്യതെ കിമധികം മഹിമാനം എത്ര പറഞ്ഞാലും മതിയാവില്ല നമ്മൾ പറഞ്ഞു നിർത്തിയാൽ അതിനേക്കാൾ ഒരു പ്ലസ് കൂടിയാണ് ഭാഗവതത്തിന്റെ മഹാത്മ്യം കുറേയേറെ തവണ മഹാത്മ്യം പറഞ്ഞാലും ഭാഗവതത്തിന്റെ മഹാത്മ്യത്തിന്റെ അടുത്തൊന്നും എത്താൻ ആവില്ല നമ്മളെ കൊണ്ടൊന്നും അതിനാവില്ല അതുകൊണ്ട് എന്തായാലും ഭാഗവത സപ്താഹയജ്ഞേന കലൗ പുനന്തി സദാ ദുരാചാര വിമാർഗാ ക്രോധാഗ്നിദഗ്ധാ സപ്താഹയജ്ഞനന്തി സപ്താഹയോനന്തി സപ്താ ഹേന കലൗ പുനന്തി അപ്പോൾ നാരദ മഹർഷി ജ്യേഷന്മാരോട് പ്രാർത്ഥിച്ചു അങ്ങനെയാണെങ്കിൽ ഒരു ഉപകാരം ചെയ്യണം നിങ്ങൾ നാലു പേരും കൂടി ചേർന്ന് ഭാഗവത സപ്താഹം നടത്തി അതിനെന്താ സനയാതി യോഗീശ്വരന്മാരോടൊന്നും ആരും ഭാഗവത സപ്താഹം വായിക്കണമെന്നോ ഒരു കീർത്തനം പാടണം അവരൊക്കെ വേദാന്തികളെന്നാണ് ധാരണ അവർക്കുമല്ലാതെ ഉപനിഷത്തോ വേദോ ബ്രാഹ്മണങ്ങളോ ഇതൊക്കെ പെട്ടെന്ന് എവിടെയെന്ന് ചോദിച്ചാലും പറയാൻ പറ്റുന്നല്ലാണ്ട് ഭാഗവതം വായിക്കുകയേ ഇതുപോലൊരു ചെറിയ ജലവിശാചമെന്ന് പറയട്ടെ ശ്രീശുഖരമഹർഷിക്കും ഉണ്ടായിരുന്നു എന്നിട്ട് അച്ഛൻ ഭാഗവതം എഴുതിയിട്ട് ഉണ്ണിയും വിളിക്കുക പുത്ര തന്മയതയാ തരവോ ൃദയം മുനിസ്മി സഹൃദയെന്നു പറഞ്ഞാൽ പോരാ ശ്രീശുഖബ്രഹ്മർഷിയെ സർവഭൂതഹൃദയൻ എന്ന് പറയണമെന്നാണ് ഈ ഒരു ആശയം അച്ഛന് ഇങ്ങോട്ട് ഗുരോസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യാസ്തു ചിഹ്ന സംശയാഹ ആ രീതിയിൽ ഒരക്ഷര ഉരിയാടിയില്ല ശ്രീശുഖബ്രഹ്മർഷി പക്ഷേ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഉണ്ട് അത് ഉണ്ണി കൃഷ്ണനാണ് എന്ന ആ അറിവ് അച്ഛൻ ഇങ്ങോട്ട് തൻ്റെ പെരുമാറ്റത്തിൽ കൂടി ഉണ്ണി എന്ന് വിളിച്ചപ്പോൾ വിളികേട്ടത് ശ്രീശുബ്രഹ്മഹർഷി വിളികേട്ടില്ലെങ്കിലും ബാക്കി പ്രപഞ്ചത്തിലെ സകല മണൽത്തരികളും പുൽകൊടികളും വൃക്ഷലതാദികളും എന്തിനു നീലാകാശം അങ്ങന്നെ അതിന് വിളികേട്ടു ഒടുവിൽ അച്ഛൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഭാഗവതം ആനന്ദലഹരിയിൽ ആറാടിക്കൊണ്ട് അങ്ങനെ പാടുന്നത് കേട്ടപ്പോൾ എങ്ങോ പറന്നുർന്നു ആ പച്ചപ്പനന്ത പിന്നെ അച്ഛൻ്റെ മടിയിൽ വന്നിരുന്ന് അത് ആസ്വദിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ അച്ഛൻ്റെ ശ്രീമുഖത്ത് നിന്ന് തൻ്റെ ഹൃദയത്തിലേക്ക് ഈ സൽപാത്രത്തിലേക്ക് പകർന്നു കിട്ടിയ ആ ഭാഗവത രസമാണ് ശുഖമുഖാൽ അമൃതദ്രവസംയൂതം ശ്രീശുഖബ്രഹ്മിയുടെ വാ നിന്ന് വരുമ്പോൾ അതിൽ സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസിമേ അതിലൊക്കെ ഭഗവാന്റെ ഒരു സാന്നിധ്യവും കൂടിയുണ്ട് നെയദ്യത്തിന് നിവേദിക്കുന്നതിന് മുമ്പ് അതിൽ അല്പം നെയ്യ് ഉപസരണവും കൂടി അവസരിച്ചിട്ട് നേടിക്കുക അങ്ങനെ ഒരു ഏർപ്പാടുണ്ട് എത്ര വലിയ ഏത് വിഭവാണെങ്കിലും ഭഗവാന് നീതിക്കുമ്പോൾ അതുപോലെ അതിൽ ശ്രീശുഖ ബ്രഹ്മർഷിയുടെ ഒരു വാഗ്മിത കൂടി കുറച്ച് കേടൽപ്പോൾ എന്തായി ആ ഭാഗവതം രസം അത് ഞങ്ങൾ നാലുപേരും കൂടി നോക്കട്ടെ പാടാൻ ശ്രമിക്കട്ടെ എന്നുള്ള നിലയ്ക്ക് അവർ ഗംഗാതീരത്ത് വെച്ച് ഭാഗവത സപ്താഹത്തിന് ഒരുങ്ങിയപ്പോൾ പ്രപഞ്ചത്തിലെ സകല ആളുകൾ എന്ന് പറഞ്ഞാൽ പോരാ സമുദ്രങ്ങള് പർവ്വതങ്ങള് കാടുകള് ഇവരൊക്കെ സപ്താഹശ്രവണാർത്ഥം സനകാദി യോഗീശ്വരന്മാര് സപ്താഹം വായിക്കണു സനകാദി യോഗീശ്വരന്മാര് സപ്താഹം വായിക്കണു സനകാതി യോഗീശ്വരന്മാര് എന്ന് കേട്ടപ്പോൾ യശോദിക്ക് ഉണ്ണി ഉണ്ടായി എന്ന് കേട്ടപ്പോൾ ഗോപിമാർക്കുണ്ടായ അതേ രീതിയിലുള്ള ഒരു ഒരു ഒരു വേ വെമ്പൽ ആണ് പ്രപഞ്ചത്തിലെ സകലർക്കും ഉണ്ടായത് അവരെല്ലാവരും അവിടെ വന്നു എന്നിട്ട് മാഹാത്മ്യം ഊ ചിരേ സ്പഷ്ടം അവരും ഭാഗവത മാഹാത്മ്യത്തെ കുറിച്ച് പറയാനൊരുങ്ങുകയാണ് ശ്രീ ശിവ ഭാഗവതം വായിക്കാൻ ഒരുങ്ങിയപ്പോഴേക്കും ദേവന്മാർ അമൃതകുംഭങ്ങളും കൊണ്ടുവന്നു എന്നിട്ട് ഈ അമൃത് കൊടുത്തോളൂ ആ ഭാഗവതാമൃത് ഞങ്ങൾക്ക് തന്നോളൂ ഇങ്ങനെ പല അനുഭവകഥകളും പാടാൻ ഒരുങ്ങിയപ്പോഴേക്കും ഗോവിന്ദാ ദോദരാ മാധവേദി ശ്രീകൃഷ്ണ ഗോവിന്ദാ ഹരേ മുരാരേ മാധവീ നാമാനീ മുഹുറൂന്ത രണ്ടു മൂന്ന് പേരെ ഉറക്ക ഉറക്ക നാമം ജപിച്ചുകൊണ്ട് ആ സദസ്സിലേക്ക് കയറി വരാ നോക്കി നാരദമഹർഷിയും നോക്കി നാരദ മഹർഷി പറഞ്ഞു ദാ ആ വരുന്നതാണ് ഭക്തിദേവി ദാ ആ ഭക്തി ദേവിയുടെ കൂടെ ആനന്ദനൃത്തം ചെയ്തുകൊണ്ട് നാമം ഉറക്കം ഉറക്കം ജവിച്ചുകൊണ്ട് വരണത് അവരാണ് ഞാനും വൈരാഗ്യവും ജ്ഞാനവും വൈരാഗ്യവും ഇവർക്ക് നേരെയാവട്ടെ എന്ന് കരുതിയാണ് ഞാൻ അല്ല ഒരു ഭാഗവത സപ്താഹം നടത്താൻ മോഹിച്ചത് ഏതായാലും ഭക്തിക്ക് പുഷ്ടിയുണ്ടായി ജ്ഞാനവൈരാഗ്യങ്ങളും വളരെ ചൈതന്യവത്തായിത്തീർന്നു വളരെ സന്തോഷമായി ഭാഗവതം അയച്ചു തുടങ്ങാനുള്ള അതിനുദ്ദേശിച്ചപ്പോഴേക്കും തന്നെ ഭക്തിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായി ജ്ഞാനവൈരാഗ്യങ്ങളുടെ സാന്നിധ്യവും ഉണ്ടായി ഭക്തിദേവി സനകാദി യോഗീശ്വരന്മാരെയും ശ്രീനാരദ മഹർഷിയെയും മറ്റ് സദസ്സിലുള്ള സജനങ്ങളെയും മുഴുവൻ നമസ്കരിച്ചു എന്നിട്ട് പറഞ്ഞു അടിയങ്ങളും ഇവിടെ ഇരുന്ന് ഈ ഭാഗവതം കേട്ടോട്ടെ ആവോ ഈ കുട്ടികളും ഇവിടെ ഇരുന്ന് കേട്ടോട്ടെ അവർ കുഴപ്പമൊന്നും ചെയ്യില്ല ഭഗവത് കഥകൾ കേട്ടാൽ എത്രയായാലും മതിയാ മതിയാവല്യായി കുട്ടികൾക്ക് എവിടെയാണാവോ അടിയന്നിരിക്കേണ്ടത് അപ്പോൾ സനകാതി യോഗീശ്വരന്മാർ പുഞ്ചിരി തൂക്കിക്കൊണ്ട് പറഞ്ഞു ഭക്തി അവിടെ ഇവിടെയൊക്കെ പോയിരുന്ന പോരാ ഞങ്ങളുടെ ഹൃദയത്തിൽ ഭക്തി വന്നിരിക്കണം ഇവിടെ ഈ ഭഗവത് ഭാഗവതം കേൾക്കാൻ വന്നിരിക്കുന്ന ആളുകളില്ലേ ഇവരുടെ ഹൃദയത്തിലും ഭക്തിദേവിയുടെ സാന്നിധ്യം വേണം അതുപോലെ ജ്ഞാനവൈരാഗ്യങ്ങളും കൂടെ ഇരുന്നോട്ടെ ഇങ്ങനെ ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ പൂർണ്ണമായിട്ടുണ്ടാവണം ഭാഗവത സപ്താഹം പാരായണം ചെയ്യുന്ന ആളുകൾക്കും ഭാഗവത സപ്താഹം കേൾക്കുന്ന ആളുകൾക്കും എന്ന് ഈ കഥ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു മാഹാത്മ്യമൂചിരേ സ്പഷ്ടം തുടർന്ന് ശ്രീമത് ഭാഗവത സപ്താഹത്തിൻ്റെ പല അനുസ്മരിച്ച കൂട്ടത്തിൽ ദുഃഖ ദാരിദ്ര്യ ദൗർഭാഗ്യ പാപ പ്രക്ഷാളനായ ദുഃഖത്തിന് മോശനം കിട്ടും ഭഗവാൻ്റെ ശ്രീകൃഷ്ണചരണം ഭോജ്യം സ്മര ദുഃഖം ഗമീഷ്യതി അതുപോലെ ദൗർഭാഗ്യം എന്നെപ്പോലെ ഇങ്ങനൊരു നിർഭാഗ്യവതി ആരുമില്ലായി ലോകത്തിൽ എന്ന് പറഞ്ഞതാണ് ധ്രുവൻ്റെ അമ്മ പക്ഷേ ലോകത്തിലേക്ക് വെച്ച ഏറ്റവും വലിയ ഭാഗ്യവതിയായിട്ട് മാറി ആ ദേവി ഇങ്ങനെ ദുഃഖ ദാരിദ്ര്യ ദൗർഭാഗ്യം കുചേലൻ പരമദരിദ്രനായിരുന്നു പക്ഷേ ഭഗവാനെ ആശ്രയിച്ചപ്പോഴേക്കും ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ധനികനായിട്ട് അദ്ദേഹം മാറി പക്ഷേ പാപ ഈ ധുന്ധുകാരി എന്നൊരു തൻ മഹാപാപി അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചു അമ്മയെ കൊന്നു തീയിലിട്ട് ചുട്ട് കൊന്നു അത്രയൊക്കെ ചത്തട്ട് നരകത്തിലേക്ക് പോലും അയാൾക്ക് ബാക്കിയുള്ളവരൊക്കെ നരകത്തിൽ ചെന്നാലെങ്കിലും ചെയ്ത പാപത്തിന് എന്തെങ്കിലുമൊക്കെ ദുരിതങ്ങൾ അനുഭവിച്ച് തീർന്ന് വീണ്ടും ക്ഷീണയെ പുണ്യെ അല്ലെങ്കിൽ പാവയെ പാവങ്ങളൊക്കെ ക്ഷയിച്ചാൽ വീണ്ടും എന്തെങ്കിലും ജന്തു ആയിട്ട് ജനിക്കാനുള്ള പെർമിറ്റ് കിട്ടുമോ അവർക്ക് നരകത്തിൽ പോലും ചെയ്യാൻ വഴി പറ്റാണ്ടായി ഒടുവിൽ ഈ നാട്ടിൽ തന്നെ ഈ ഭൂലോകത്ത് തന്നെ ഇങ്ങനെ കറങ്ങി നടക്കുക അതും വെറുതെ നടക്കാൻ പറ്റുമോ വിശപ്പ് എന്താകുവാണെങ്കിൽ സഹിക്കൂല വെള്ളം കുടിക്കണമെങ്കിൽ അതിന് തൊണ്ടയോ ആയറ്റോ വേണ്ടോ ഒന്നുമില്ല ശരീരല്യേ ശരീരല്യേനയും ബാക്കി ഒക്കെ ഉണ്ടെ വിശപ്പുണ്ട് ദാഹമുണ്ട് അപ്പൊ ദാഹം തോന്നിയാൽ ആരുടെങ്കിലും മേത്ത് മെക്കെട്ട് പിടച്ച് കയറുക എന്നെ എന്നിട്ട് എവിടെയാ ഫ്രിഡ്ജിലോ എവിടെ കുപ്പിയുടെ വെള്ളം കേണച്ചിലെ വെള്ളം തന്നെ ചിലപ്പോൾ കുട്ടി കുട്ടി കുട്ടി കുട്ടി കുട്ടി കുട്ടിച്ച് പറ്റിക്കും വിശപ്പ് തോന്നിയാൽ അടുക്കളയിൽ ചെന്ന് ആരുടെങ്കിലും മേത്ത് കയറി ചിലപ്പോൾ അവിടുത്തെ കുട്ടികളുടെ മേത്താവും ശരീരത്തിലാവും അല്ലെങ്കിൽ ഗ്രഹനായികയുടെ ഇങ്ങനെ ആ നാട്ടിലെ ഓരോരുത്തരുടെയും മെക്കെട്ട് കയറുക പ്രേതായിട്ടേ പ്രേതബാധക്കെ പറയാറില്ലേ ഇന്നും പല കുറേശൊക്കെ ആളുകൾക്ക് അനുഭവമുള്ള കാര്യമല്ലേ അധികൊന്നുമില്ല ഇന്ന് പണ്ടത്തെ പോലെയൊന്നുമില്ല പ്രേതബാധ അന്ന് കാണുന്നവരുടെയൊക്കെ മെക്കെട്ട് കയറി വെള്ളം കുടിക്കുക ഭക്ഷണം വാരി തിന്ന എന്ന് വേണ്ട ഒരു മനുഷ്യന്റെ പല പല കാമനകളും അത് ആസ്വദിക്കാനുള്ള ഇന്ദ്രിയങ്ങളോ ഒന്നുമില്ലാത്തത് കാരണം മറ്റു ശരീരങ്ങളിൽ പെടച്ചു കയറി അവരെ മുഴുവൻ ശല്യപ്പെടുത്തിക്കൊണ്ടായി പ്രേതം എന്തെല്ലാം പരിഹാര കർമ്മങ്ങൾ ചെയ്തിട്ടും പ്രേതബാധയ്ക്ക് ഒരു ഒരു ഒന്നും ആ അവിടെ ശ്രീ മഹാദേവന്റെ സന്നിധാനത്തിലുള്ള ഒരു നാടാണിത് സാക്ഷാൽ ഗോകർണേശ്വരത്തപ്പൻ്റെ അടുത്ത് നടക്കണ ഒരു സംഭവമായിട്ടാണ് ചിത്രീകരിക്കുന്നത് മഹാദേവൻ പൊതുവെ എല്ലാവിധ പ്രേത പിശാചാതികളെ മുഴുവൻ നശിപ്പിക്കാൻ അവിടുത്തെ ഒരു ഒരു ഒരു ചെറിയ ഭസ്മത്തിന്റെ ഒരു തരിമതി ഭസ്മാനിപാന്തു പരമേശ്വര ദിവ്യദേഹ സംസ്പർശ സൗരഭ പവിത്രതരാണി യുഷ്മൻ രോഗാരി പാപ ഭയഭൂത പിശാച യക്ഷരക്ഷോഹരാണി അഖിലലോകവശീകരാണി അങ്ങനെയുള്ള മഹാദേവന്റെ നാട്ടുകാരിങ്ങനെ പൊറുതിമുട്ടിയപ്പോൾ അവിടേക്ക് യാദൃച്ഛീയമായിട്ട് ഗോകർണൻ ഇതേ തറവാട്ടിൽ തൊഴുത്തിൽ പിറന്നാളാന്നേ ഉള്ളു ആത്മദേവൻ എന്നുള്ള വ്യക്തിക്ക് സന്താനം ലാഞ്ഞിട്ട് ഒടുവിൽ ഒരു പഴം കിട്ടി ആ പഴം ഭക്ഷിച്ച പക്ഷേ പഴം കഴിക്കാൻ ആത്മദേവന്റെ ഭാര്യയെ ധുന്തുളിക്ക് മനസ്സ് വലിച്ചെറിഞ്ഞു തോഴുത്തിൽ നിന്ന് പശു അത് തിന്നു പശുവിനും ഇടിമിടുക്കനായിട്ടൊരു ഉണ്ണി പറഞ്ഞു ധുന്തുളി പ്രസവിച്ചില്ല പക്ഷെ അനീതിയുടെ ഉണ്ണി എൻ്റെ ഉണ്ണിയാണെന്നും പറഞ്ഞുകൊണ്ട് നടന്നു അയാളാണ് ഈ ധുന്തുകാരിയായിട്ട് ജീവിച്ചിരിക്കുമ്പോൾ സകലരെ നിരോഹിച്ചു ചത്തട്ട അതിലും കൂടുതൽ ആളുകളെ ദ്രോഹിച്ചുകൊണ്ട് നടക്കുക അപ്പൊ ഒരു തരത്തില് ഈ ഗോകർണന് ഗോകർണൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് പശുവിന് പിറന്ന കുഞ്ഞിന്റെ പേര് ആത്മദേവനെ അച്ഛൻ തന്നെയാണ് ആ ഇദ്ദേഹം വിളിച്ചിരുന്നത് അച്ഛന് ആകെ മനസ്സിന് വിഷമായി അച്ഛൻ ഈ വീട് വിട്ടു പോന്നപ്പോൾ കാറ്റിൽ വെച്ച് അച്ഛനെ ആദരിച്ചുകയായിട്ട് കണ്ടുമുട്ടി അച്ഛന്റെ മനസ്സിന്റെ വിഷമം തീർക്കാൻ ശ്രീകൃഷ്ണ ദുഃഖം ഗവേഷരീ ഗോകർണൻ ഒരു സപ്താഹം ഉണ്ടായിട്ടുണ്ട് അച്ഛന് കേൾക്കാൻ വേണ്ടി മാത്രം വേറെ ആളുകൾ ശ്രോതാക്കളൊക്കെ വളരെ കുറവാണ് അച്ഛൻ സുഖമായിട്ടിരുന്ന് കേൾക്കും മകൻ ഇങ്ങനെ വായിക്കും അങ്ങനെ ഒരു തവണ സപ്താഹം കേട്ടപ്പോ അദ്ദേഹത്തിന് മനസ്സിന് കുറച്ചൊരു ശാന്തിയും സമാധാനവും കിട്ടി പക്ഷേ അതിലേറ്റവും അധികം മനസ്സിന് ഉന്മേഷം കിട്ടിയത് ഭഗവാന്റെ അവതാരലീലകൾ പാടിക്കേട്ടപ്പോഴാണ് അതുകൊണ്ട് ആ ദശമം ദശമസ്കന്ധം ഒന്നുകൂടി ഉണ്ണി ഒരു ഏഴ് ദിവസം കൊണ്ട് അച്ഛന് പാടി കേൾപ്പിച്ച് തരുമോ അങ്ങനെ ദശമസ്കന്ധം മാത്രമായിട്ടൊരു സപ്താഹവും ഗോകർമ്മൻ അച്ഛനു വേണ്ടി നടത്തുകയുണ്ടായി ദശമസ്യ പാഠാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഞാൻ തന്നെ വായിക്കാൻ പറ്റുമോ നോക്കട്ടെ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം തന്നെ ദശമസ്കന്ധം ഭഗവാന്റെ ലീലകൾ സുഖമായിട്ട് പ്രത്യേകിച്ചും ദിവസേന അവിടുത്തെ അവതാരം ഒരു ദിവസം ഒരു ദിവസം അഥ സർവഗുണോ കാല പരമശോഭന അങ്ങനെ ഭഗവാന്റെ അവതാരം വരെ അത്ഭുതം ബാലകം അംബുജേക്ഷണം ചതുർഭുജം ശംഖഗദാര്യുധം ശ്രീവത്സലക്ഷ്മം ഗളശോഭി കൗസ്തുഭം പീതാംബരം സാന്ദ്രപയോദസൗഭം മഹാരുഹവൈഡൂര്യകിരീടകുണ്ടലത്രിഷക്തസഹസ്രകുന്തളം ഉദ്ദാമകഞ്ചംഗതിർവിചമാനം വസുദേവ ഐത ചുരുങ്ങിയത് ആ പത്ത് ശ്ലോകങ്ങളെങ്കിലും അദ്ദേഹം വേറെ എന്ത് തിരക്കുണ്ടെങ്കിലും ചെല്ലും ഇങ്ങനെ ദശമസ്യ പാഠാൽ അദ്ദേഹത്തിന് എല്ലാ മനഃശാന്തി ലഭിച്ചു അച്ഛനെ ഈ രീതിയിൽ ഭഗവാന്റെ ശ്രീവാദത്തിൽ കൊണ്ട് ചെന്ന് വന്നപ്പോഴാണ് അയ്യോ പടവയടിച്ചു പന്തളത്ത് ചെന്നപ്പോൾ പന്തം കൊളുത്തിപ്പട എന്ന് പറഞ്ഞ ഈ അച്ഛന്റെ ഇയാളെ കൊണ്ടുള്ള ശല്യം നാട്ടുകാർക്ക് എന്നിട്ട് അത് തീരാൻ വേണ്ടി ധുന്തുകാരിയുടെ ആ പ്രേതത്തിന് ശുദ്ധി കിട്ടാൻ വേണ്ടി മുക്തി കിട്ടാൻ വേണ്ടി അദ്ദേഹം മഹാദേവന്റെ സന്നിധാനത്തിൽ ഇരുന്ന് ഗംഭീരമായിട്ടൊരു ഭാഗവത സപ്താഹം നടത്തി ഓരോ ദിവസം ഏഴു ദിവസമായപ്പോഴേക്കും ധുന്തുകാരി മുക്തയെ പ്രാപിച്ചു എന്നല്ല അതിചൈതന്യമൂർത്തിയായി മാറി അവിടെ ഒരു വിമാനം വന്നിറങ്ങി ആ വിമാനത്തിൽ സർവരും കാണുക എല്ലാവരുടെയും അനുഗ്രഹ ആശിസ്സുകളെ ഏറ്റുവാങ്ങിക്കൊണ്ട് പാർവതി പരമേശ്വരന്മാരുടെ അനുഗ്രഹം ഗോകർണന്റെ അനുഗ്രഹം ഇതൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് അദ്ദേഹം സച്ചിദാനന്ദ ലോകത്തിലേക്ക് പോയി പക്ഷേ നാട്ടുകാരിൽ ചിലർക്കപ്പോ ഒരു ഒരു ഒരു ചെറിയ ഒരു അഭിപ്രായ ഭേദം എല്ലാറ്റിലും ഉണ്ടല്ലോ ആളുകൾക്ക് ഇങ്ങനെ ഈ വേണ്ടാത്ത ജനാനാം പീയൂഷം ഭവതി ഹി ഗുണിനാം ദോഷകണിക എന്നൊക്കെ പറയണത് പോലെ ഇയാൾ ഈ നമ്മളെ ആള് തിരക്കിടില്ല എന്നൊക്കെയായിരുന്നു നമ്മുടെ ധാരണ ശുദ്ധാത്മാവാണെന്നൊക്കെയാ ഈ എല്ലാവരും ഒരുപോലെയാണെന്ന് തങ്കാര്യം മാത്രല്ലാണ്ട് എന്താ ഈ ഗോകർണന്റെ സഹോദരനായിരുന്നു ഈ ധുന്തുകാരി എന്നുള്ള പ്രേതം സഹോദരന് മാത്രം മുക്തി കിട്ടി നമ്മളൊക്കെ ഇവിടെ ഇരുന്ന് സപ്താഹം കേട്ടില്ലേ നമുക്കൊന്നും ഇതുവരെ മുക്തി കിട്ടിയില്ലല്ലോ ഇതായി നാട്ടുകാരുടെ ആക്ഷേപം ഇത് അവർ കർണേ കർണയവൻ ജന ആക്കും അങ്ങനെ പരസ്യമായിട്ട് പറയാൻ ബുദ്ധിമുട്ട് പക്ഷെ ഇവരെ മുഴുവൻ മഹാദേവൻ ഒരിക്കൽ അവിടുത്തെ സന്നിധാനത്തിലേക്ക് ക്ഷണിച്ചു വരുത്തി നിങ്ങൾ എന്ത് തോന്നിയാ പറഞ്ഞുകൊണ്ട് നടക്കണത് എന്തിനാ പിന്നെ നിങ്ങളൊക്കെ ഭാഗവതം കേൾക്കാൻ പോയേ മുക്തി കിട്ടിയില്ലേ അത്രേ പോയിട്ട് നിങ്ങൾക്ക് ഭക്തിയുടെ അംശം ഉണ്ടോ ഭാഗവതം കേൾക്കണമെങ്കിൽ ശ്രദ്ധയോടുകൂടി കേൾക്കണം വിശ്വാസ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഉറച്ച വിശ്വാസമാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ ഏഴാം ദിവസം ഇപ്പൊ നമുക്ക് എനിക്കില്ല തീർച്ചയായും ഏഴാം ദിവസം ഇവിടെ ഒരു ഹെലികോപ്റ്റർ വന്ന് ഇറങ്ങും വൈകുണ്ഠത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ തീർച്ചയപ്പെട്ടാൽ നാളെ മുതൽ ഇവിടെ ആരുമുണ്ടാവും എന്ന് തോന്നുന്നില്ല ഏഴു ദിവസേ ഹരീക്ഷത്തിനെ പോലെ ഏഴു ദിവസേ ആയുസുള്ളൂന്ന് ബോധ്യം വന്നാൽ ആ ഏഴാം ദിവസം ഞാൻ ഭഗവാന്റെ ശ്രീപാദത്തിൽ ചെന്നെത്തും പാടും ഞാൻ പാടും ഞാൻ നാരായണനാമം നേടും ഞാൻ നേടും ഞാൻ നിത്യസൗഖ്യം ഈ ഒരു ഒരു ഉറച്ച വിശ്വാസം നമുക്കൊന്നും ആയിട്ടൊന്നുമില്ല പക്ഷെ ആ വിശ്വാസം ഉണ്ടാവാൻ വേണ്ടി ഭക്തി പുഷ്ടിപ്പെടാൻ വേണ്ടിയിട്ടാണ് നാം ഈ രീതിയിലുള്ള സേവ ഈ മരുന്ന് ഈ ഭാഗവതം രസം നമ്മൾ സേവിക്കണത് നമുക്ക് എന്തോ കാരണവന്മാരുടെയും ഗുരുഭൂതന്മാരുടെയും അനുഗ്രഹം കൊണ്ട് ഭഗവാന്റെ ശ്രീപാദങ്ങളോടൊരു ആഭിമുഖ്യമുണ്ട് പക്ഷെ അവിടേക്ക് അങ്ങോട്ട് ഉടനെ പോകാമെന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇനിയും എത്ര സപ്താഹം വേറെ എന്തെല്ലാം പരിപാടികൾ അടുത്ത ഇട്ടിരിക്കുന്നു അപ്പം നമുക്ക് അത് പറ്റില്ല പക്ഷെ അന്നത്തെ ജനങ്ങൾ അങ്ങനെയല്ല മഹാദേവൻ പറഞ്ഞപ്പോൾ ആ മഹാദേവന്റെ ഭക്തന്മാരെല്ലാവരും കൂടി ഇതാ ഗോകർണൻ അന്ന് ഭാഗവത സപ്താഹം നടത്തിയപ്പോൾ അത് ശ്രദ്ധയോടു കൂടി കേട്ടു അന്ന് ഓരോരുത്തർക്കും വെവ്വേറെ വെവ്വേറെ വിമാനം അവിടെ വന്നു അവരൊക്കെ അതിൽ കയറി പരമവ്യോമത്തിലേക്ക് പറന്ന് ഉയരുകയും ചെയ്തു ഇതാണ് സനകാതി യോഗീശ്വരന്മാര് ശ്രീമദ് ഭാഗവത് സപ്താഹത്തിന്റെ മഹാത്മ്യം എന്ന നിലയ്ക്ക് അവതരിപ്പിച്ചൊരു കഥ പിന്നെ സനകാതി യോഗീശ്വരന്മാരുടെ ആ സപ്താഹ പാരായണം എല്ലാം അവസാനിച്ച് അതിന്റെ സമർപ്പണവും കൂടി കഴിഞ്ഞ ആ വേളയിലുണ്ടായ ഒരത്ഭുത സംഭവം കൂടി പത്മപുരാണത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട് ഭാഗവത സപ്താഹ സമാപന വേളയിൽ എല്ലാവരും പരമാനന്ദ രസതുന്തിലരായി എന്നല്ല ആഹ്ലാദ ഭരിതരായിട്ട് അങ്ങനെ ആനന്ദ നൃത്തം ചെയ്യുക ഇപ്പൊ ഭക്തിദേവിയും ജ്ഞാനവൈരാഗ്യങ്ങളും കൂടി ഭാ ഭാഗവത സപ്താഹം തുടങ്ങിയപ്പോഴേക്കും തന്നെ ആനന്ദഭരിതരായിട്ട് നാമം ജീവിക്കുകയും നൃത്തം വയ്ക്കുകയും ഒക്കെ ഇതുപോലെ അങ്ങനെ ഉറക്കം ഉറക്കം പാടാൻ തുടങ്ങി ആടാൻ തുടങ്ങി അവിടെ രണ്ട് പുണ്യാത്മാക്കൾ വന്നതായിട്ടാണ് പത്മപുരാണത്തിൽ പറയണത് ഒന്ന് സാക്ഷാത് ശ്രീ ശിവബ്രഹ്മഷി ബാക്കി പ്രഹ്ലാദ് പ്രപഞ്ചത്തിലെ സകല സജ്ജനങ്ങൾ വന്നിട്ടുണ്ട് അവരുടെ ചിലരുടെയൊക്കെ പേരെടുത്ത് പറഞ്ഞു മഹാദേവൻ ഉണ്ടായിരുന്നു പ്രഹ്ലാദനുണ്ടായിരുന്നു ഉദ്ധവൻ ഉണ്ടായിരുന്നു ഇന്ദ്രനുണ്ടായിരുന്നു അഗ്നി ഉണ്ടായിരുന്നു വരുണൻ ഉണ്ടായിരുന്നു അവരുടെയൊക്കെ സാന്നിധ്യത്തെ അതിശയിക്കുമാർ രണ്ട് മഹദ്വ്യക്തികൾ അന്ന് യോഗീശ്വരന്മാരുടെ സപ്താഹ സമാപന വേളയിൽ സംബന്ധിച്ചു വിവുന്ന രീതിയിൽ ഒന്ന് സാക്ഷാത് ശ്രീശുഖബ്രഹ്മർഷി രണ്ട് സാക്ഷാത് ശ്രീഗുരുവായിരപ്പൻ തത്രാഭവൽ ഭഗവാൻ വ്യാസപുത്ര രണ്ടുപേരും ഭഗവാൻ തന്നെയാണ് ശ്രീശുഖബ്രഹ്മർഷിയും ഭഗവാനാണ് സാക്ഷാൽ ശ്രീഗുരുവായിരപ്പനും അവിടെ വന്നു എന്നല്ല മധ്യേ മറ്റു ഭക്തന്മാരോടൊപ്പം അവരും കുറെ നേരം ആടിനാൻ പോൽ പാടിനാൻ പോൽ അങ്ങനെ ആനന്ദ നൃത്തം ചെയ്തു എന്നിട്ട് ആ നൃത്തത്തിൻ്റെ കുറക്കഴിഞ്ഞാൽ ഗാനമേഷവിരതം എന്നൊക്കെ പട്ടത്തി പാട് കുറച്ച് കഴിഞ്ഞാൽ പാട് എവിടെയാണ് പാടിത്തീർന്നത് എന്ന് അറിയില്ല എവിടെയാണ് നമ്മൾ ആടി തീർന്നത് എന്ന് അറിയില്ല അങ്ങനെയുള്ള ആനന്ദത്തിൻ്റെ അത്യുദാത്തമായ മേഖലകളിലേക്ക് നാം ഉയർന്നെത്തൂലോ അതുപോലെ അന്ന് പരമാനന്ദസാന്ദ്രാം പരമാനന്ദസാന്ദ്രമായ അനുഭൂതിയിൽ ലയിച്ചിരിക്കുകയാണ് സകലരും അപ്പോഴാണ് ഭഗവാൻ ശ്രീശുഖ ബ്രഹ്മർഷിയോടും സനകാതി യോഗീശ്വരന്മാരോടുമായിട്ടൊരു ചെറിയ അഭ്യർത്ഥന എനിക്കൊരു മോഹം കൂടി ഉണ്ട് നിങ്ങൾ സജ്ജനങ്ങൾ സാധിപ്പിച്ചു തരുമെന്ന് എന്താണാവോ അപ്പൊ ഭഗവാൻ പറഞ്ഞു അല്ല ഇവിടെ ഗംഭീരായിട്ടൊരു ഭാഗവത സപ്താഹം നടത്തി നിങ്ങൾ നാലു പേരും കൂട്ടിന്ന് കേട്ടു ഇനി ഒരു സപ്താഹം കൂടി ഇവിടെ നടത്തുക പണ്ട് ഗോവർണ്ണത്തപ്പൻ പറഞ്ഞതുപോലെ തന്നെ ഒരു സപ്താഹം കൂടി നടത്തുക പക്ഷേ ഈ സപ്താഹത്തിനൊരു ചെറിയ മാറ്റം ഞാൻ നിർദ്ദേശിക്കുക ഇവര് നാലുപേരും ഒരുമിച്ചിരുന്ന് പാടുക ഭാവവക്ത ശ്രീശുഖ ബ്രഹ്മി അതിലെ കഥാസാരങ്ങള് പറയുക ഒരധ്യായം കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഓരോരോ പ്രകരണങ്ങൾ കഴിയുമ്പോഴോ അതേ പ്രകരണങ്ങളെ ആസ്പദമാക്കി ശ്രീശുഖ ബ്രഹ്മഷി സംഭാഷണം ചെയ്യുക നിങ്ങൾ നാലുപേരും ഒരുമിച്ചിരുന്ന് മൂലം വായിക്കുക അങ്ങനെ ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് സകല പ്രപഞ്ചത്തിലെ സകല ദേവീദേവന്മാരുടെയും സാന്നിധ്യത്തിൽ അന്ന് അങ്ങനെ ഒരു സപ്താഹം നടന്നു ഭഗവാന് വളരെ സന്തോഷായി എന്നല്ല ഭഗവാൻ ചോദിച്ചു എന്താ നിങ്ങൾക്ക് ദക്ഷിണ വേണ്ടതെന്ന് സരകാതി യോഗീശ്വരന്മാരെ അമ്പരന്ന് പോയി ഇനി ഇതിനപ്പുറം ഇനി എന്തെങ്കിലും ഒന്ന് ജീവിതത്തിൽ കിട്ടേണ്ടതായിട്ട് അവർക്ക് തോന്നുന്നില്ല സച്ചിദാനന്ദമൂർത്തിയായ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ സാന്നിധ്യം ഇത്രയേറെ സജനങ്ങളുമായിട്ട് കഴിയാൻ സാധിച്ചതിന്റെ ആ ഒരു ഒരു നേട്ടം ലാഭോ അത്ഭക്തിയിൽ ഉത്തമ എന്ന് ഭഗവാൻ പറയുന്നു ഭഗവാന്റെ ശ്രീപാദങ്ങളിൽ അചഞ്ചലമായ ഭക്തി ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞു ഇനിയും നിങ്ങൾക്ക് എന്താ വേണ്ടത് ചോദിച്ചാൽ മറുപടി പറയാൻ ആളല്ലാതെ അവർ നിന്നു ഭഗവാനും അതെ അനുഗ്രഹ വിളംബിതാന ഏനം അനുഗ്രഹ വിളംബിത എന്താ ഇവർക്ക് കൊടുക്കുക എന്താപ്പിനി ഇവർക്ക് ചോദിച്ചാൽ തന്നെ എന്താ കൊടുക്കുക എന്ന് ഭഗവാന് തന്നെ അല്പം ചോദിച്ചു പോവുകയും ചെയ്തു എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ എന്താ കൊടുക്കുക പണ്ടിതുപോലെ ഒരു ബുദ്ധിമുട്ട് മഹാബലി എന്താ വേണ്ടേ അവിടത്തേക്കാന്ന് ചോദിച്ചപ്പോൾ എന്താ വേണ്ടത് എന്ന് മഹാബലിയെ പോലെ ഒരു പുണ്യാത്മാവിനോട് എന്താ വേണ്ടത് ചോദിച്ചു വാങ്ങേണ്ടതെന്ന് അവിടത്തേക്ക് നിശ്ചലമുണ്ടായി എന്നിട്ട് ബാലിഷോ ബാലിഷ ഒരു മൂന്നടി മണ്ണ് തരുമോന്നൊക്കെയാ ഭഗവാൻ ചോദിക്കണത് മഹാബലിയെ പോലെ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ അധികാരി ഭരണാധികാരിയോട് ചോദിക്കുക ഒരു മൂന്നടി മണ്ണ് തരുമെന്ന് അങ്ങനൊരവധം ഭഗവാനെ അന്ന് പറ്റിയിട്ടുണ്ട് ഇപ്പോൾ എന്താ ഇപ്പൊ ഇവരുക്ക് കൊടുക്ക ഇവര് ചോദിച്ചാ എന്താ കൊടുക്ക ആ രീതിയിൽ ഭഗവാൻ നിൽക്കുകയാണ് ഭഗവാനോട് എന്താ ചോദിക്കേണ്ടത് നിശ്ചയില്ലാതെയതാ നമ്മളും എന്നെങ്കിലൊരിക്കലും നമുക്ക് ഭഗവാനോട് എന്തെങ്കിലും ചോദിക്കാൻ തോന്നേണ്ട ആവശ്യമില്ല എന്നാണല്ലോ ഭട്ടൊരുപാട് പറയണത് ഒരൊറ്റ ആവശ്യം നമ്മണം സന്നിധത്തെ സതതം അപീ പുരാ തൈ അനഭ്യർത്ഥിതാനം പരമാനന്ദ്രമേവാ സഞ്ചിന്യ വിഭോ ഹിതം മേ ദ അടിയങ്ങളെങ്ങനെയായല്ല നേരെയാവുക ആ നിലയ്ക്ക് അടിയങ്ങളെ അനുഗ്രഹിക്കണേ ഗുരുവായിരപ്പാ എന്ന് മാത്രം അവിടത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നിവിടെ സമർപ്പിക്കുകയാണ് നാളെ പ്രഭാതത്തിൽ നമുക്ക് ഈ സപ്താഹസവര്യ ആരംഭിക്കാം ഹരശങ്കര ശിവ ശങ്കര ദൂരിതം കളശിവനേ ഹരിദാസ്യമോടാനീശം മമ വളരാൻ വഴി വരണേ മരണേ മമ മാതിരണേ തരണേ മാമാ ഹരിതന്മൃദു ചരണേരതി ശിവനെ ഇനി ജനീ ജന ജിവാസം പണിമാമലമാകൾ തൻ വരാവേറുദേ മുരളീരവ തരളീകൃത നവവല്ലവനിതാ വരമണ്ടീമണ്ഡിത ഗുരുമന്ദിര പാതീയായി കലരുന്നോരുന ജീവിതമീവനേ കൂുക ശിവനെ മലർസായ കൂദന മധുസൂദന ദിദ മരണാർണവതണ പ്ലവം അരുണാമ്പുജസുഭകം ശരണം തിരുചവ സൽ പുരവരത്തെ മാമ ശരണം കരുണാകര മൈനീ കൃപകലരാതെ കഴിച്ചാൽ വരുമോ തരമാകരാഹരി തൻ പദമാണയൻ ജനാരദ സുരനായകർ പണിയും തീരുവാടിയും സജലാംബൂദസുഭകം തിരൂടലും തിരുമൂടിയും മധുരാധരസുധയും തൊടു കൂറിയും കൂറുനീരയും മധുമാധുരി പോഴിയും ഭാവമൊഴിയും തിരുമോഴിയും വിധുസുന്ദരമുഖവു ദയ വഴിയും തിരുമീഴിയും വിധുശേഖരാളയാടണം അനീഷം മമ കരളീ കദീ ഗിരിധാരണീ സൂര്യഭാണീതം ബഹു ഫാളദം മുരളീധര ചരണാബൂജരീതം കൃണോതീതം ഹര ശര ശിവ ശങ്കര ദൂരിതം ഹരിദാസ്യ മോടാനീശം മമ വളരാൻ വഴിവരണേ ഹരിദാസ മോടാനിശം മമ വളരാൻ വഴിവരണേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ രാധാരമണ മുകുന്ദരാരേ ശരണമേ തവ ചരണയുഗം പവന പുരേശാധരണം തവ ചരണയുഗം ദുരി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം സാബ സദാ ശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം സാംബ സദാ ശിവ ശംഭോ ശങ്കര േ തവ ചരണയുഗം ശം മേ തവ ചരണയുഗം ശം മേ തവ ചരണയുഗം ഹണ ഹേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ േ രാമ രാമ രാമ ഹരേ ഹരേ ഹണ ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹരി ഹരി ഹരേ രാമ ഹരേ രാമ രാമ ഹരേ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ